ജാജനശലാകുന്മീലി मेना, തസ്മൈ ശ്രീഗുരവേ നമ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പത്ത് ശ്ലോകങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഹസ്തപുരത്തിലെ സ്ത്രീകളുടെ പ്രാർത്ഥനകൾ ശ്ലോകം ഇരുപത്തിയൊന്ന് പുരുഷ പുരാതനോ യാത്മനി അവർ പറഞ്ഞു നാം സ്മരിക്കുന്ന യഥാർത്ഥ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഇവിടെയുണ്ട് ഭൗതിക ഗുണങ്ങളുടെ ആവിഷ്കാരത്തിനു മുൻപ് അദ്ദേഹം നിലനിന്നിരുന്നത് രാത്രിയിൽ നിദ്രയിലായിരിക്കുന്ന ജീവസത്തകളുടെ ശക്തികൾ നിഷ്ക്രിയമായിരിക്കുന്നത് പോലെ സർവജീവാത്മാക്കളും വിലയം പ്രാപിക്കുന്നതും അദ്ദേഹത്തിൽ മാത്രമാണ് എന്തെന്നാൽ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാകുന്നു ഭഗവാനാകുന്നു ഈശ്വരനാകുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് സൂയോ നിജ വീര്യ ചോദിത സ്വജീവമായാ പ്രകൃതി ശിക്ഷത്തിമനിമനി വിത് സമാനോ സസാര അദ്ദേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങൾക്ക് വീണ്ടും നാമങ്ങളും രൂപങ്ങളും നൽകാനായി പരമദിവ്യോത്മ പുരുഷൻ അവയെതിയുടെ നിയണത്തിൻ കീഴിൽ നിവേശിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സ്വകീയ ശക്തിയെ ഭൗതിക പ്രകൃതിയുടെ പുനർസൃഷ്ടികർമ്മം നിർവഹിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നു ശ്ലോകം ഇരുപത്തിമൂന്ന് പദമാത്രൂരയോ ജിതേന്ദ്രിയർജിതമാതരീശ്വന പശ്യന്തി ഭക്തികലി കർക്കശമായ ഭക്തിയുത സേവനത്താലും പൂർണമായ ഇന്ദ്രിയ സംയമനത്താലും ഭൗതിക ജീവിതാവബോധത്തെ പൂർണമായും പരിശുദ്ധമാക്കിയ മഹത് ഭക്തർക്ക് അനുഭവവേദ്യമായ പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ രൂപം തന്നെയാണ് ഇവിടെയും വിവക്ഷിക്കപ്പെടുന്നത് അസ്തിത്വത്തെ പവിത്രീകരിക്കാനുള്ള ഏക മാർഗവും അത് തന്നെയാകുന്നു ശ്ലോകം ഇരുപത്തി സവാ അയം സഖ്യനുഗീതസത്കഥോ വേദു ഗുഹ്യു ഗുഹ്യൈശോ ജഗദത്മലീലയാൃജത്യവൃത്തിന സജ്ജത്തെ അല്ലയോ പ്രിയമിത്രങ്ങളെ വേദ വേദസാഹിത്യങ്ങളുടെ അതീവ രഹസ്യമായ ഭാഗങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന മനോമോഹനവും ദുർജ്ഞേയവുമായ ലീലകൾ ആരുടേതാണോ അതേ പരമദിവ്യോത്തമ പുരുഷൻ ഇതുതന്നെയാണ് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ഏക കാരണവും അദ്ദേഹം മാത്രമാണ് എന്നിരുന്നാലും യാതൊന്നാലും സ്പർശിക്കപ്പെടാതെ പ്രഭാവിതനാകാതെ അദ്ദേഹം നിലകൊള്ളുന്നു ശ്ലോകം ഇരുപത്തിയഞ്ച് य ह्येण तमो धपा जीवंद तैष ही स दत्ते भगं सत्यमृतशो भवाय रूप ददे युके विवर्तनम പ്പോൾ രാജാകന്മാരും ഭരണാധിപന്മാരും അസ്തിത്വത്തിന്റെ നീചഗുണങ്ങളാൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ രൂപത്തിൽ ഭക്തരോട് പ്രത്യേക ദാക്ഷിണ്യം കാട്ടുകയും വ്യത്യസ്തങ്ങളായ കാലങ്ങൾക്കും യുഗങ്ങൾക്കും യഥാ യോഗ്യമായ വണ്ണം വൈവിധ്യങ്ങളായ അതീന്ദ്രിയ രൂപങ്ങളിൽ അവതരിച്ച് അത്ഭുതകരങ്ങളായ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ മ ഹരേ ഹരി ഓം തത്സ